അധ്യായം നാല് അബ്നേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചുപോയത് ശൌലിന്റെ മകൻ കേട്ടപ്പോൾ അവന്റെ ധൈര്യം ക്ഷയിച്ചു ഇസ്രയേലിലൊക്കെയും ഭ്രമിച്ചു പോയി എന്നാൽ ഷൗലിന്റെ മകന് പടനായകന്മാരായ രണ്ട് പുരുഷന്മാർ ഉണ്ടായിരുന്നു ഒരുത്തന് ബാന എന്നും മറ്റവന് രേഖാബ് എന്നും പേർ അവർ ബെന്യാമീന്യരിൽ ബരോത്യനായ റിമ്മോന്റെ പുത്രന്മാർ ആയിരുന്നു ബരോത് ബെന്യാമീനിൽ ഉൾപ്പെട്ടതായി വിചാരിച്ചുവരുന്നു ബരോത്യർ ഗിദ്യിമിലേക്ക് ഓടിപ്പോയി ഇന്നുവരെയും അവിടെ പരദേശികളായി പാർക്കുന്നു ഷൌലിന്റെ മകനായ യോനധാന് രണ്ടു കാലും മുടന്തായിട്ട് ഒരു മകനുണ്ടായിരുന്നു ഇസ്രയേലിൽ നിന്ന് ഷൌലിന്റെയും യോനധാന്റെയും വർത്തമാനം എത്തിയ സമയം അവന് അഞ്ചു വയസ്സായിരുന്നു അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്നനായിപ്പോയി അവന് മെഫി ബോഷേത്ത് എന്നു പേർ ബരോത്യൻ റിമ്മോന്റെ പുത്രന്മാരായ രേഖാവും ബാനയും വെയിൽ മൂത്തപ്പോഴേക്ക് ഈശ് ബോഷേത്തിന്റെ വീട്ടിൽ ചെന്നക്കി അവൻ ഉച്ചസമയത്ത് ആശ്വസിച്ച് കിടക്കുകയായിരുന്നു അവർ കോതം പെടുപ്പാൻ വരുന്ന ഭാവത്തിൽ വീട്ടിന്റെ നടുവിൽ കടന്ന് അവനെ വയറ്റത്ത് കുത്തി രേഖാപും സഹോദരനായ ബാനയും ഓടിപ്പോയി കളഞ്ഞു അവർ കടന്നപ്പോൾ അവൻ ശയനഗ്രഹത്തിൽ കട്ടിലിന്മേൽ കിടക്കുകയായിരുന്നു ഇങ്ങനെ അവർ അവനെ കുത്തിക്കൊന്ന് തല വെട്ടിക്കളഞ്ഞു തലയുമെടുത്ത് രാത്രി മുഴുവനും അരാബയിൽ കൂടി നടന്നു ഹെബ്രോനിൽ ദാവിദിന്റെ അടുക്കൽ ഈശ് തല കൊണ്ടുവന്ന് രാജാവിനോട് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ നിന്റെ ശത്രുവായ ശൌലിന്റെ മകൻ ഈശ് തല ഇത ഇന്ന് യജമാനായ രാജാവിനുവേണ്ടി ശൌലിനോടും അവന്റെ സന്തതിയോടും യഹോവ പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാർ എ ദാവീദ് ബരോത്യനായ റിമോന്റെ പുത്രന്മാരായ രേഖാബിനോടും അവന്റെ സഹോദരൻ ബാനയോടും ഉത്തരം പറഞ്ഞത് എന്റെ പ്രാണനെ സകല ആപത്തിൽ നിന്നും വീണ്ടെടുത്ത യഹോവയാണെ ഷൌൽ മരിച്ചുപോയിയെന്ന് ഒരുത്തൻ എന്നെ അറിയിച്ചു ുഭവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ അവനെ പിടിച്ച് സിക്ലാഗിൽ വെച്ച് കൊന്നു ഇതായിരുന്നു ഞാൻ അവന്റെ വർത്തമാനത്തിനുവേണ്ടി അവന് കൊടുത്ത പ്രതിഫലം എന്നാൽ ദുഷ്ടന്മാർ ഒരു നീതിമാനെ അവന്റെ വീട്ടിൽ മെത്തയിൽ വെച്ച് കൊല എത്രയധികം ഞാൻ അവന്റെ രക്തം നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയാതിരിക്കുമോ പിന്നെ ദാവീദ് തന്റെ ബാല്യക്കാർക്ക് കൽപ്പന കൊടുത്തു അവർ അവരെ കൊന്നു അവരുടെ കൈകാലുകൾ വെട്ടി അവരെ ഹെബ്രോനിലെ കുളത്തിനരികെ തൂക്കിക്കളഞ്ഞു ഈശ്വസ്യത്തിന്റെ തല അവർ എടുത്തു ഹെബ്രോയിനിൽ അബ്നേരിന്റെ ശവക്കുഴിയിൽ അടക്കം ചെയ്തു